അവിടുത്തെ നാട്ടുകാർ അശ്രദ്ധരായ ഒരു സമയത്ത് അദ്ദേഹം നഗരത്തിൽ പ്രവേശിച്ചു അവിടെ രണ്ടുപേർ പരസ്പരം യുദ്ധം ചെയ്യുന്നത് അദ്ദേഹം കണ്ടു ഒരാൾ അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവനും മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ശത്രുവിന്റെ പക്ഷത്തുള്ളവനുമായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവൻ ശത്രുവിനെതിരെ സഹായം തേടി അപ്പൊ മൂസഅലഹിസ്സലാം അദ്ദേഹത്തെ ഒന്ന് ഇടിച്ചു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു മൂസ അലഹിസ്വലാം പറഞ്ഞു ഇത് പിഷാജിന്റെ പ്രവൃത്തിയാണ് തീർച്ചയായും അവൻ വഴിതെറ്റിക്കുന്ന പ്രത്യക്ഷമായ ശത്രുവാണ്